രാമൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ ആളിനെ ഒരു പുരുഷനായിട്ട് സങ്കൽപ്പിക്കുക അദ്ദേഹത്തിൻ്റെ തല ഇതാണ് എന്നൊക്കെ നമുക്ക് തൊട്ട് കാണിക്കാം എന്നുള്ളതുപോലെ എല്ലാം കൂടെ ചേർത്ത് പ്രപഞ്ചത്തിന് ഈ അതായത് രാശിചക്രത്തിന് ഒരു തലയുണ്ട് ആ തല മേടൻ രാശിയാണ് കാലപുരുഷനെന്ന് പറയും കാലാങ്കാനി വരാങ്കം ഒരംഗമെന്ന് പറഞ്ഞാൽ ശിരസന്നർത്ഥം അത് മേടൻ രാശിയാണ് അതിൻ്റെ പാദം മീനൻ രാശിയാണ് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ ഇരിക്കും അപ്പോൾ മേ നമ്മൾ ഇന്ന മനസ്സിലാക്കേണ്ടത് മേടൻ രാശി മുതൽ ഓരോ അശ്വതി നക്ഷത്രത്തിൻ്റെ ഒന്നാമത്തെ പാദം മുതൽ മേഷഅശി പ്രഥമ നവ രുക്ഷചരണ ഒൻപത് നക്ഷത്രങ്ങളുള്ള ഒൻപത് നക്ഷത്ര പാദങ്ങളുള്ള ചക്രസ്ഥിതാരാശിയോഹോ പന്ത്രണ്ട് രാശികളിലുമായിട്ട് ഒമ്പത് പന്ത്രണ്ട് ഒമ്പത് നൂറ്റിയെട്ട് അങ്ങനെ നൂറ്റിയെട്ട് നക്ഷത്രപാദങ്ങൾ ഉള്ള ഒരു സ്പോക്സ് അതിനേ ചതുരമായിട്ടും വരയ്ക്കാം വൃത്തമായിട്ടും വരയ്ക്കാം പല രീതിയിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ചക്രമായിട്ട് തന്നെ വരയ്ക്കുന്നു നമ്മളാണെങ്കിൽ അതിനെ കൺവീനിയൻസിന് വേണ്ടി സ്ക്വയറായിട്ട് വരയ്ക്കും ഇതിനെ രാശിചക്രമെന്ന് പറയും വിഷു എന്ന് പറയുമ്പോൾ സൂര്യൻ ആ മീനൻ രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് വരുന്ന ആ സമയമാണ് വിഷു സംക്രമം എന്ന് പറയും ആ വിഷു സംക്രമം ചെയ്യുന്നത് എപ്പോഴും മുതലാണോ അതിനെ ആസ്പദമാക്കി നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഫലങ്ങൾ ആണ് വിഷുഫലമെന്ന് പറയും അത് പഞ്ചാംഗങ്ങളിലെല്ലാം ഉണ്ട് ഇത് പഠിക്കുന്നവർ ഒന്ന് ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചു വടിയുടെ അത്ര ഉള്ള ഒരു പുസ്തകമുണ്ട് പിന്നെ ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അർത്ഥമുള്ളത് ഒരു പുസ്തകമുണ്ട് ബൃഹജാതകം എന്നു പറയും പിന്നെ ഒരു പഞ്ചാംഗം ഈ വർഷത്തെ ഒരു പഞ്ചാംഗം ഇത്രയും വാങ്ങിക്കണം വാങ്ങിച്ച് നമുക്ക് നാളെ മുതൽ ഇതങ്ങോട്ട് അതിലേക്കങ്ങ് പ്രവേശിക്കാം നമ്മളിപ്പോൾ കടപ്പുറത്തു നിന്ന് നിൽക്കുന്നതേ ഉള്ളൂ കടലിൻ്റെ വെള്ളം തിരകളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇനി അങ്ങോട്ട് തിരയിലോട്ട് പ്രവേശിക്കാം നാളെ മുതൽ അത് ചെയ്യാം എല്ലാവരും ശ്രദ്ധ വേണം രണ്ട് ദിവസമായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ഉള്ളത് തിങ്കളും വ്യാഴവും ഇപ്പോൾ തിങ്കളാഴ്ച പഠിപ്പിക്കുന്നതെല്ലാം പഠിക്കാനായിട്ട് മൂന്ന് ദിവസമുണ്ട് വ്യാഴാഴ്ച പഠിപ്പിക്കുന്നതെല്ലാം പഠിക്കാൻ പിന്നെ നാല് ദിവസം ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധ വേണമെന്നുള്ളതേ ഉള്ളു ശാസ്ത്രസായ ഗുരുവാക്യസ്യ തത്വബോധാവധാരണ സ ശ്രദ്ധ ശ്രദ്ധ എന്നുള്ളതിൻ്റെ നിർവചനം എങ്ങനെയാണ് ശാസ്ത്രസിയ ഗുരുവാക്യസ്യ തത്വബോധാവധാരണ ശ്രദ്ധ അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കണം ഗുരു പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം അതിൻ്റെ ആ ധാരണ ധരിക്കണം ശരിയായിട്ട് ധരിക്കണം തുല്യം ചൊല്ലിക്കൊടുക്കുന്നത് ഗുരുഗണനം പ്രാജ്ഞനം വിദ്യയെത്താൻ ഇല്ലാതാക്കില്ലവനും ഗ്രഹണപ്പെടുതയെത്താൻ കൊടുക്കാറുമില്ല ഗുരു തുല്യമായിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു എല്ലാവരും അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് ഗ്രഹിക്കുമെന്നുള്ളതേ ഉള്ളൂ ഗ്രഹണപടിതയെ കൊടുക്കാറുമില്ല എന്നാണ് ഗുരു ആർക്കും ഗ്രഹണപടിതയെ കൊടുക്കാറില്ല പക്ഷേ അവരവർക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഗ്രഹണ പഠിത്വം കുറവായിരുന്നാലും സംശയം കൊണ്ട് സംശയം തീർത്തു കഴിഞ്ഞാൽ തുല്യരാകുന്നർത്ഥം അതുകൊണ്ട് ഈ ക്ലാസ് പുതിയ ക്ലാസ് ഇന്ന് ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊള്ളുന്നു തിങ്കളും വെള്ളിയും അല്ലേ ആ തിങ്കളും വെള്ളിയുമാണ് ഇനി അടുത്ത ക്ലാസ് നാളെ ഒരു ക്ലാസ് തുടങ്ങിയാൽ അതിൻ്റെ പിറ്റേഴ്സും കൂടെ വേണമെന്നുണ്ട് അതുകൊണ്ട് നാളെ എല്ലാവരും വരണം ചിലപ്പോൾ ഞാനായിരിക്കില്ല എടുക്കുന്നത്